അദ്ധ്യായം പതിനേഴ് അൽ ഇസ്ര മക്കയിൽ അവതരിച്ചത് ഒന്നാം വചനത്തിൽ മുഹമ്മദ് നബിയുടെ നിശായാത്രയെ സംബന്ധിച്ച് പരാമർശിച്ചതിനാലാണ് അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് ബനി ഇസ്രീൽ അഥവാ ഇസ്രായിയർ എന്നും ഈ അദ്ധ്യായത്തിന് ചിലർ പേർ നൽകിയിട്ടുണ്ട് നാല് മുതൽ എട്ട് കൂടിയുള്ള വചനങ്ങളിൽ ഇസ്രായേല്യരുടെ കാര്യം പരാമർശിച്ചതാണ് ഈ നാമകരണത്തിന് നിദാനം തന്റെ ദാസന് അഥവാ നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അകസ്വായിലേക്ക് നിശായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ ആ മസ്ജിദുൽ അക്കസ്വായുടെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത് തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയും അതിന് നാം ഇസ്രായേൽ സന്തതികൾക്ക് മാർഗദർശകമാക്കുകയും ചെയ്തു എനിക്കു പുറമെ യാതൊരു കൈകാര്യകർത്താവിനെയും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അനുശാസിക്കുന്ന വേദഗ്രന്ഥം ോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരുടെ സന്തതികളെ തീർച്ചയായും അദ്ദേഹം വളരെ നന്ദിയുള്ള ഒരു ദാസനായിരുന്നു ഇസ്രായേൽ സന്തതികൾക്ക് ഇപ്രകാരം നാം വേദഗ്രന്ഥത്തിൽ വിധി നൽകിയിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ ഭൂമിയിൽ രണ്ടു പ്രാവശ്യം കുഴപ്പമുണ്ടാക്കുകയും വലിയ ഔന്നത്യം നടിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ആ രണ്ട് സന്ദർഭങ്ങളിൽ ഒന്നാമത്തേതിന് നിശ്ചയിച്ച ശിക്ഷയുടെ സമയമായാൽ ഉഗ്രപരാക്രമശാലികളായ നമ്മുടെ ചില ദാസന്മാരെ നിങ്ങളുടെ നേരെ നാം അയക്കുന്നതാണ് അങ്ങനെ അവർ വീടുകൾക്കിടയിൽ നിങ്ങളെ തെരഞ്ഞു നടക്കും അത് പ്രാവർത്തികമാക്കപ്പെട്ട ഒരു വാഗ്ദാനം തന്നെയാകുന്നു പിന്നെ നാം അവർക്കെതിരിൽ നിങ്ങൾക്ക് വിജയം തിരിച്ചു തന്നു സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ നാം പോഷിപ്പിക്കുകയും നിങ്ങളെ നാം കൂടുതൽ നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്ന പക്ഷം നിങ്ങളുടെ ഗുണത്തിനായി തന്നെയാണ് നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നത് നിങ്ങൾ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷവും നിങ്ങൾക്കു തന്നെ എന്നാൽ ആ രണ്ട് സന്ദർഭങ്ങളിൽ അവസാനത്തേതിന് നിശ്ചയിച്ച ശിക്ഷയുടെ സമയം വന്നാൽ നിങ്ങളുടെ മുഖങ്ങളെ അപമാനത്തിലാഴ്ത്തുവാനും ആദ്യ തവണ ആരാധനാലയത്തിൽ പ്രവേശിച്ചതുപോലെ വീണ്ടും പ്രവേശിക്കുവാനും കീഴടക്കിയതെല്ലാം തകർത്ത് കളയുവാനും നാം ശത്രുക്കളെ നിയോഗിക്കുന്നതാണ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കരുണ കാണിക്കുന്നവനായേക്കാം നിങ്ങൾ ആവർത്തിക്കുന്ന പക്ഷം നമ്മളും ആവർത്തിക്കുന്നതാണ് നരകത്തെ നാം സത്യനിഷേധികൾക്ക് ഒരു തടവറയാക്കിയിരിക്കുന്നു തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴികാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു പരലോകത്തിൽ വിശ്വസിക്കാത്തവരാരോ അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും സന്തോഷവാർത്ത അറിയിക്കുന്നു മനുഷ്യൻ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ ദോഷത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു മനുഷ്യൻ ഏറെ തിടുക്കം കൂട്ടുന്നവനായിരിക്കുന്നു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 ൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു രാവാകുന്ന ദൃഷ്ടാന്തത്തെ നാം മങ്ങിയതാക്കുകയും പകലാകുന്ന ദൃഷ്ടാന്തത്തെ നാം പ്രകാശം നൽകുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾ തേടുന്നതിന് വേണ്ടിയും കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയും ഓരോ കാര്യവും നാം നല്ലവണ്ണം വിശദീകരിച്ചിരിക്കുന്നു ഓരോ മനുഷ്യനും അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ തന്നെ നാം ബന്ധിച്ചിരിക്കുന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരു ഗ്രന്ഥം നാം അവന് വേണ്ടി പുറത്തെടുക്കുന്നതാണ് അത് നിവർത്തി വെക്കപ്പെട്ടതായി അവൻ കണ്ടെത്തും നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക നിന്നെ സംബന്ധിച്ചിടത്തോളം കണക്ക് നോക്കാൻ ഇന്ന് നീ തന്നെ മതി എന്നവനോട് അന്ന് പറയപ്പെടും ൂല വല്ലവനും നേർമാർഗം സ്വീകരിക്കുന്ന പക്ഷം തന്റെ സ്വന്തം ഗുണത്തിനായി തന്നെയാണ് അവൻ നേർമാർഗം സ്വീകരിക്കുന്നത് വല്ലവനും വഴിവിഴച്ചു പോകുന്ന പക്ഷം തനിക്ക് ദോഷത്തിനായി തന്നെയാണ് അവൻ വഴി പിഴച്ചുപോകുന്നത് പാപഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ ചുമക്കുകയില്ല ഒരു ദൂതനെ അയക്കുന്നതുവരെ നാം ആരെയും ശിക്ഷിക്കുന്നതുമല്ല ഏതെങ്കിലും ഒരു രാജ്യം നാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടത്തെ സുഖലോലുപന്മാർക്ക് നാം ആജ്ഞകൾ നൽകും എന്നാൽ അത് വകവെക്കാതെ അവർ അവിടെ താന്തോന്നിത്തം നടത്തും ശിക്ഷയെപ്പറ്റിയുള്ള വാക്ക് അങ്ങനെ ആ രാജ്യത്തിൻ്റെ കാര്യത്തിൽ സ്ഥിരപ്പെടുകയും നാം അതിനെ നിശ്ശേഷം തകർക്കുകയും ചെയ്യുന്നതാണ് ോഹിന്റെ ശേഷം എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് തന്റെ ദാസന്മാരുടെ പാപങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമായി നിന്റെ രക്ഷിതാവ് തന്നെ മതി ക്ഷണികമായ ഇഹലോകത്തെയാണ് വല്ലവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അഥവാ അവരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് ഇവിടെ വച്ച് തന്നെ വേഗത്തിൽ നൽകുന്നതാണ് പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് നരകമായിരിക്കും അപമാനിതനും പുറന്തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ് ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും യും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ് നിന്റെ രക്ഷിതാവിന്റെ ദാനത്തിൽപ്പെട്ടതത്രേ അതെ നിന്റെ രക്ഷിതാവിന്റെ ദാനം തടഞ്ഞുവെക്കപ്പെടുന്നതല്ല നാം അവരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ മെച്ചപ്പെട്ടവരാക്കിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ പരലോക ജീവിതം ഏറ്റവും വലിയ പദവിയുള്ളതും ഏറ്റവും വലിയ ഉത്കൃഷ്ടതയുള്ളതും തന്നെയാകുന്നു അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ സ്ഥാപിക്കരുത് എങ്കിൽ അപമാനിതനും കയ്യൊഴിക്കപ്പെട്ടവനുമായി നീ ഇരിക്കേണ്ടി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 തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ചേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത് അവരോട് നീ മാന്യമായ വാക്കു പറയുക കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക എന്റെ രക്ഷിതാവെ ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക ും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നല്ലവണ്ണം അറിയുന്നവനാണ് നിങ്ങൾ നല്ലവരായിരിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ഖേദിച്ചു മടങ്ങുന്നവർക്ക് ഏറെ പൊറത്തു കൊടുക്കുന്നവനാകുന്നു കുടുംബബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകുക അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശം നീ ധനം ദുർവ്യയം ചെയ്തു കളയരുത് തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാജുക്കളുടെ സഹോദരങ്ങളാകുന്നു പിശാജു തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹം തേടിക്കൊണ്ട് നിനക്കവരിൽ നിന്ന് തിരിഞ്ഞുകളയേണ്ടി വരുന്ന പക്ഷം നീ അവരോട് സൗമ്യമായ വാക്ക് പറഞ്ഞുകൊള്ളുക നിന്റെ കൈ നീ പിരടിയിലേക്ക് ബന്ധിക്കപ്പെട്ടതാക്കരുത് അത് മുഴുവനായങ്ങ് നീട്ടിയിടുകയും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന നീ നിന്നിതനും കഷ്ടപ്പെട്ടവനുമായിരിക്കേണ്ടി വരും തീർച്ചയായും നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവന മാർഗം വിശാലമാക്കി കൊടുക്കുന്നു ചിലർക്കത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു തീർച്ചയായും അവൻ തന്റെ ദാസന്മാരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് നാമാണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അവരെ കൊല്ലുന്നത് ും ഭീമമായ അപരാധമാകുന്നു നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത് തീർച്ചയായും അത് ഒരു നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാകുന്നു അള്ളാഹു പവിത്രത നൽകിയിട്ടുള്ള ജീവന്യായ പ്രകാരമല്ലാതെ നിങ്ങൾ ഹനിക്കരുത് അക്രമത്തിനു വിധേയനായി വല്ലവനും കൊല്ലപ്പെടുന്ന പക്ഷം അവന്റെ അവകാശിക്ക് നാം പ്രതികാരം ചെയ്യാൻ അധികാരം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ അവൻ കൊലയിൽ അതിരുകവിയരുത് തീർച്ചയായും അവൻ സഹായിക്കപ്പെടുന്നവനാകുന്നു കൊല ചക്കുറവു അനാഥയ്ക്ക് പ്രാപ്തിയെത്തുന്നതുവരെ ഏറ്റവും നല്ല രീതിയിലല്ലാതെ അവന്റെ സ്വത്തിനെ നിങ്ങൾ സമീപിക്കരുത് നിങ്ങൾ കരാർ നിറവേറ്റുക തീർച്ചയായും കരാറിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നിങ്ങൾ അളന്നുകൊടുക്കുകയാണെങ്കിൽ അളവ് നിങ്ങൾ തികച്ചു കൊടുക്കുക ശരിയായ തുലാസുകൊണ്ട് നിങ്ങൾ തൂക്കിക്കൊടുക്കുകയും ചെയ്യുക അതാണ് ഉത്തമവും അന്ത്യഫലത്തിൽ ഏറ്റവും മെച്ചമായിട്ടുള്ളതും നിനക്കറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത് തീർച്ചയായും കേൾവി കാഴ്ച ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നീ ഭൂമിയിൽ അഹന്തയോടെ നടക്കരുത് തീർച്ചയായും നിനക്ക് ഭൂമിയെ പിളർക്കാനൊന്നും ആവില്ല ഉയരത്തിൽ നിനക്ക് പർവ്വതങ്ങൾക്കൊപ്പമെത്താനും ആവില്ല തീർച്ചയായിട്ടും ذلِكَ كَانَ سَيِّئُ عِنْدَ رَبِّكَ مَكْرُوهًا مِلْபَرْنَ காரியங்களിൽ നിന്നெல்லாம் ദുഷിച്ചതു നിന്റെ റക്ഷിതാവിങ്കൽ വെറുക്കപ്പെട്ടതാ군요 ذَلِكَ مِمَّا أَوْحَى إِلَيْكَ رَبُّكَ مِنَ الْحِكْمَةِ وَلَا تَجْعَلْ مَعَ اللَّهِ إِلَٰهًا آخَرَ فَتُلْقَىٰ فِي جَهَنَّمَ مَمْلُومًا مَّدْحُورًا നിന്റെ രക്ഷിതാവ് നിനക്ക് ബോധനം നൽകിയ ജ്ഞാനത്തിൽപ്പെട്ടതത്രേ അത് അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ സ്ഥാപിക്കരുത് എങ്കിൽ ആക്ഷേപിക്കപ്പെട്ടവനും പുറംതള്ളപ്പെട്ടവനുമായി നീ നരകത്തിൽ എരിയപ്പെടുന്നതാണ് എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് ആൺമക്കളെ നിങ്ങൾക്ക് പ്രത്യേകമായി നൽകുകയും അവൻ മലക്കുകളിൽ നിന്ന് പെൺമക്കളെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് തീർച്ചയായും ഗുരുതരമായ ഒരു വാക്ക് തന്നെയാകുന്നു നിങ്ങൾ പറയുന്നത് അവർ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ഖുർആനിൽ നാം കാര്യങ്ങൾ വിവിധ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ അവർക്കത് അകൽച്ച വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് നബിയെ പറയുക അവർ പറയും പോലെ അവനോടൊപ്പം മറ്റു ദൈവങ്ങളുണ്ടായിരുന്നെങ്കിൽ സിംഹാസനാധിപന്റെ അടുക്കലേക്ക് ആ ദൈവങ്ങൾ വല്ല മാർഗവും തേടുക തന്നെ ചെയ്യുമായിരുന്നു അവൻ എത്ര പരിശുദ്ധൻ അവർ പറഞ്ഞുണ്ടാക്കുന്നതിനെല്ലാം ഉപരിയായി അവൻ വലിയ ഔന്നത്യം പ്രാപിച്ചിരിക്കുന്നു ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു യാതൊരു വസ്തു അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്തതായി ഇല്ല പക്ഷേ അവരുടെ കീർത്തനം നിങ്ങൾ ഗ്രഹിക്കുകയില്ല തീർച്ചയായും അവൻ സഹനശീലനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു നീ ഖുർആൻ പാരായണം ചെയ്താൽ നിന്റെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ ദൃശ്യമല്ലാത്ത ഒരു മറ നാം വെക്കുന്നതാണ് അവരത് ഗ്രഹിക്കുന്നതിന് തടസ്സമായി അവരുടെ ഹൃദയങ്ങളിൽ മേൽ നാം മൂടികൾ വെക്കുന്നതും അവരുടെ കാതുകളിൽ നാം ഒരു ഭാരം വെക്കുന്നതുമാണ് ഖുർആാൻ പാരായണത്തിൽ നിന്റെ രക്ഷിതാവിനെപ്പറ്റി മാത്രം പ്രസ്താവിച്ചാൽ അവർ വിരളിയെടുത്ത് പുറം തിരിഞ്ഞു പോകുന്നതാണ് നീ പറയുന്നത് അവർ ശ്രദ്ധിച്ചു കേൾക്കുന്ന സമയത്ത് എന്തൊരു കാര്യമാണ് അവർ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം അവർ സ്വകാര്യം പറയുന്ന സന്ദർഭം അഥവാ മാരണം ബാധിച്ച ഒരാളെ മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്ന് നിന്നെ പരിഹസിച്ചുകൊണ്ട് അക്രമികൾ പറയുന്ന സന്ദർഭവും നമുക്ക് നല്ലവണ്ണം അറിയാം നബിയെ നോക്കൂ എങ്ങനെയാണ് അവർ നിനക്ക് ഉപമകൾ പറഞ്ഞുണ്ടാക്കിയതെന്ന് അങ്ങനെ അവർ പിഴച്ചുപോയിരിക്കുന്നു അതിനാൽ അവർക്ക് ഒരു മാർഗവും പ്രാപിക്കാൻ സാധിക്കുകയില്ല അവർ പറഞ്ഞു നാം എല്ലുകളും ജീർണാവശിഷ്ടങ്ങളുമായി കഴിഞ്ഞാൽ തീർച്ചയായും നാം പുതിയൊരു സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണോ നബിയെ നീ പറയുക നിങ്ങൾ കല്ലോ ഇരുമ്പോ ആയിക്കൊള്ളുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ വലുതായി തോന്നുന്ന ഏതെങ്കിലുമൊരു സൃഷ്ടിയായിക്കൊള്ളുക എന്നാലും നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും അപ്പോൾ ആരാണു ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് അവർ പറഞ്ഞേക്കും നിങ്ങളെ ആദ്യ തവണ സൃഷ്ടിച്ചവൻ തന്നെ എന്ന് നീ പറയുക അപ്പോൾ നിന്റെ നേരെ നോക്കിയിട്ട് അവർ തലയാട്ടിക്കൊണ്ട് പറയും എപ്പോഴായിരിക്കും അത് നീ പറയുക അത് അടുത്തു തന്നെ ആയേക്കാം ും അതെ അവൻ നിങ്ങളെ വിളിക്കുകയും അവനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരം നൽകുകയും ചെയ്യുന്ന ദിവസം അതിനിടക്ക് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യും നീ എൻറെ ദാസന്മാരോട് പറയുക അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന് തീർച്ചയായും പിശാജ് അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടുന്നു തീർച്ചയായും പിശാജു മനുഷ്യനെ പ്രത്യക്ഷ ശത്രുവാകുന്നു നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ നിങ്ങളോട് കരുണ കാണിക്കും അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ ശിക്ഷിക്കും അവരുടെ മേൽ മേൽനോട്ടക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല നിന്റെ രക്ഷിതാവ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെ നല്ലവണ്ണം അറിയുന്നവനത്രേ തീർച്ചയായും പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരെക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് ദാവൂദിന് നാം ജബൂർ എന്ന വേദഗ്രന്ഥം നൽകുകയും ചെയ്തിരിക്കുന്നു നബിയെ പറയുക അള്ളാഹുവിനു പുറമെ നിങ്ങൾ ദൈവങ്ങളെന്ന് വാദിച്ചു പോന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തിലില്ല ഉലീനുല്യൂഹും അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയാണോ അവർ തന്നെ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് സമീപന മാർഗം അതെ അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ തന്നെ അപ്രകാരം തേടുന്നു അവർ അവൻ്റെ കാരുണ്യം ആഗ്രഹിക്കുകയും അവൻ്റെ ശിക്ഷ ഭയപ്പെടുകയും ചെയ്യുന്നു നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ തീർച്ചയായും ഭയപ്പെടേണ്ടതാകുന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിന് മുമ്പായി നാം നശിപ്പിച്ചു കളയുന്നതോ അല്ലെങ്കിൽ നാം കഠിനമായി ശിക്ഷിക്കുന്നതോ ആയിട്ടല്ലാതെ ഒരു രാജ്യവുമില്ല അത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാകുന്നു നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് നമുക്ക് തടസ്സമായത് പൂർവികന്മാർ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു എന്നത് മാത്രമാണ് നാം സമൂത് സമുദായത്തിന് പ്രത്യക്ഷ ദൃഷ്ടാന്തമായിക്കൊണ്ട് ഒട്ടകത്ത് നൽകുകയുണ്ടായി എന്നിട്ട് അവർ അതിൻ്റെ കാര്യത്തിൽ അക്രമം പ്രവർത്തിച്ചു ഭയപ്പെടുത്താൻ മാത്രമാകുന്നു നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്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 നിൻ്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭവും ശ്രദ്ധേയമാണ് നിനക്ക് നാം കാണിച്ചു ആ ദർശനത്തെ നാം ജനങ്ങൾക്ക് ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ് ഖുർആാനിലെ വൃക്ഷത്തെയും ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു നാം അവരെ ഭയപ്പെടുത്തുന്നു എന്നാൽ വലിയ ധിക്കാരം മാത്രമാണ് അതവർക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദമിന് പ്രണാമം ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു അപ്പോൾ അവർ പ്രണമിച്ചു ഇബിലീസൊഴികെ അവൻ പറഞ്ഞു നീ കളിമണ്ണിനാൽ സൃഷ്ടിച്ചവന് ഞാൻ പ്രണാമം ചെയ്യുകയോ കൊല ഐച്ച ഇൻക്കിയ ചില കണ്ണ ദുർയ ചൂല്ല അവൻ പറഞ്ഞു എന്നെക്കാൾ നീ ആദരിച്ചിട്ടുള്ള ഇവനാരെന്ന് നീ എനിക്ക് പറഞ്ഞു തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ നീ എനിക്ക് അവധി നീട്ടിത്തരുന്ന പക്ഷം ഇവന്റെ സന്തതികളിൽ ചുരുക്കം പേരൊഴിച്ച് എല്ലാവരെയും ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും അള്ളാഹു പറഞ്ഞു നീ പോയിക്കൊള്ളൂ അവരിൽ നിന്ന് വല്ലവരും നിന്നെ പിന്തുടരുന്ന പക്ഷം നിങ്ങൾക്കെല്ലാമുള്ള പ്രതിഫലം നരകം തന്നെയായിരിക്കും അതെ തികഞ്ഞ പ്രതിഫലം തന്നെ അവരിൽ നിന്ന് നിനക്ക് സാധ്യമായവരെ നിന്റെ ശബ്ദമുഖേന നീ ഇളക്കിവിട്ടുകൊള്ളുക അവർക്കെതിരിൽ നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും നീ വിളിച്ചുകൂട്ടുകയും ചെയ്തുകൊള്ളുക സ്വത്തുക്കളിലും സന്താനങ്ങളിലും നീ അവരോടൊപ്പം പങ്കുചേരുകയും അവർക്കു നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തുകൊള്ളുക പിശാജ് അവരോട് ചെയ്യുന്ന വാഗ്ദാനം വഞ്ചന മാത്രമാകുന്നു തീർച്ചയായും എന്റെ ദാസന്മാരാരോ അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല കൈകാര്യകർത്താവായി നിന്റെ രക്ഷിതാവ് തന്നെ മതി നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്കു വേണ്ടി കടലിലൂടെ കപ്പൽ ഓടിക്കുന്നവനാകുന്നു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊണ്ടുവരുന്നതിന് അത് തീർച്ചയായും അവൻ നിങ്ങളോട് ഏറെ കരുണയുള്ളവനാകുന്നു കടലിൽ വച്ച് നിങ്ങൾക്ക് കഷ്ടത നേരിട്ടാൽ അവനൊഴികെ നിങ്ങൾ ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നുവോ അവർ അപ്രത്യക്ഷരാകും എന്നാൽ നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി കരയിലെത്തിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞുകളയുകയായി മനുഷ്യൻ ഏറെ നന്ദി കെട്ടവനായിരിക്കുന്നു കരയുടെ ഭാഗത്ത് തന്നെ അവൻ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽമഴ അയക്കുകയോ ചെയ്യുകയും നിങ്ങളുടെ സംരക്ഷണം ഏൽക്കാൻ യാതൊരാളെയും നിങ്ങൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ ും അതല്ലെങ്കിൽ മറ്റൊരു പ്രാവശ്യം അവൻ നിങ്ങളെ കടലിലേക്ക് തിരിച്ചു എന്നിട്ട് നിങ്ങളുടെ നേർക്ക് അവൻ ഒരു തകർപ്പൻ കാറ്റയച്ചിട്ട് നിങ്ങൾ നന്ദിയേട് കാണിച്ചതിന് നിങ്ങളെ അവൻ മുക്കിക്കളയുകയും അനന്തരം ആ കാര്യത്തിൽ നിങ്ങൾക്കു വേണ്ടി നമുക്കെതിരിൽ നടപടിയെടുക്കാൻ യാതൊരാളെയും നിങ്ങൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്നും നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു എല്ലാ മനുഷ്യരെയും അവരുടെ നേതാവിനൊപ്പം നാം വിളിച്ചുകൂട്ടുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു അപ്പോൾ ആർക്ക് തന്റെ കർമ്മങ്ങളുടെ രേഖ തന്റെ വലതു കയ്യിൽ നൽകപ്പെട്ടുവോ അത്തരക്കാർ അവരുടെ ഗ്രന്ഥം വായിച്ചു നോക്കുന്നതാണ് അവരോട് ഒരു തരിമ്പും അനീതി ചെയ്യപ്പെടുന്നതുമല്ല വല്ലവനും ഈ ലോകത്ത് അന്ധനായിരുന്നാൽ പരലോകത്തും അവൻ അന്ധനായിരിക്കും ഏറ്റവും വഴിവിഴച്ചവനുമായിരിക്കും തീർച്ചയായും നാം നിനക്ക് ബോധനം നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ നിന്നെ തെറ്റിച്ചു ഒരുങ്ങിയിരിക്കുന്നു നീ നമ്മുടെ മേൽ അതല്ലാത്ത വല്ലതും അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ നിന്നെ മിത്രമായി സ്വീകരിക്കുക തന്നെ ചെയ്യും നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് അല്പമൊക്കെ ചാഞ്ഞു പോയേക്കുമായിരുന്നു എങ്കിൽ ജീവിതത്തിലും ഇരട്ടി ശിക്ഷ മരണത്തിലും ഇരട്ടി ശിക്ഷ അതായിരിക്കും നാം നിനക്ക് ആസ്വദിപ്പിക്കുന്നത് പിന്നീട് നമുക്കെതിരിൽ നിനക്ക് സഹായം നൽകാൻ യാതൊരാളെയും നീ കണ്ടെത്തുകയില്ല തീർച്ചയായും അവർ നിന്റെ നാട്ടിൽ നിന്ന് വിരട്ടിവിടുവാൻ ഒരുങ്ങിയിരിക്കുന്നു നിന്നെ അവിടെ നിന്ന് പുറത്താക്കുകയത്രേ അവരുടെ ലക്ഷ്യം എങ്കിൽ നിന്റെ പുറത്താക്കലിന് ശേഷം കുറച്ചു കാലമല്ലാതെ അവർ അവിടെ താമസിക്കുകയില്ല നിനക്കു മുമ്പ് നാം അയച്ച നമ്മുടെ ദൂതന്മാരുടെ കാര്യത്തിലുണ്ടായ നടപടിക്രമം തന്നെ നമ്മുടെ നടപടിക്രമത്തിന് യാതൊരു ഭേദഗതിയും നീ കണ്ടെത്തുകയില്ല സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയതു മുതൽ രാത്രി ഇരുട്ടുന്നതുവരെ നിശ്ചിത സമയങ്ങളിൽ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരവും നിലനിർത്തുക തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ കുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് കുർആൻ പാരായണത്തോടെ നമസ്കരിക്കുകയും ചെയ്യുക അത് നിനക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം എന്റെ രക്ഷിതാവെ സത്യത്തിന്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യത്തിൻ്റെ ബഹിർഗമന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുവിക്കുകയും അസത്യം മാഞ്ഞു പോയിരിക്കുന്നു തീർച്ചയായും അസത്യം മാഞ്ഞുപോകുന്നതാകുന്നു എന്നും നീ പറയുക സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് കുർആാനിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല നാം മനുഷ്യന് അനുഗ്രഹം ചെയ്തു കൊടുത്താൽ അവൻ തിരിഞ്ഞുകളയുകയും അവൻ്റെ പാട്ടിന് മാറിപ്പോകുകയും ചെയ്യുന്നു അവനെ ദോഷം ബാധിച്ചാലാകട്ടെ അവൻ വളരെ നിരാശനായിരിക്കുകയും ചെയ്യും ും പറയുക എല്ലാവരും അവരവരുടെ സമ്പ്രദായം അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ കൂടുതൽ ശരിയായ മാർഗം സ്വീകരിച്ചവൻ ആരാണെന്നതിനെപ്പറ്റി നിങ്ങളുടെ രക്ഷിതാവ് നല്ലവണ്ണം അറിയുന്നവനാകുന്നു നിന്നോടവർ ആത്മാവിനെ പറ്റി ചോദിക്കുന്നു പറയുക ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ പെട്ടതാകുന്നു അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല തീർച്ചയായും നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് നാം നൽകിയ സന്ദേശം നാം പിൻവലിക്കുമായിരുന്നു പിന്നീട് അതിൻ്റെ കാര്യത്തിൽ നമുക്കെതിരായി നിനക്ക് ഫലമേൽപ്പിക്കാവുന്ന യാതൊരാളെയും നീ കണ്ടെത്തുകയുമില്ല اَشْكُرْ رَبَّكَ إِنَّ فَضْلَهُ كَانَ عَلَيْكَ كَبِيرًا നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യം മാത്രമാണ് അത് നിന്റെ மேல் അവന്റെ അനുഗ്രഹം തീർച്ചയായും മഹത്തരമായിരിക്കും ഉല്ലൈനി ജതമഅതിൽ ഇൻസു വൽ ജിൻ ഉല അൻ യാതു ബിമിഥ്ല ഹാദാൽ ഖുർആന ലാ യാതുന ബിമിഥ്ല നബിയെ പറയുക ഈ കുർആാൻ പോലുള്ളതൊന്ന് കൊണ്ടുവരുന്നതിനായി മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലും തീർച്ചയായും അതുപോലൊന്ന് അവർ കൊണ്ടുവരികയില്ല അവരിൽ ചിലർ ചിലർക്ക് പിന്തുണ നൽകുന്നതായാൽ പോലും തീർച്ചയായും ഈ ഖുർആനിൽ എല്ലാവിധ ഉപമകളും ജനങ്ങൾക്കു വേണ്ടി വിവിധ രൂപത്തിൽ നാം വിവരിച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യരിൽ അധിക പേർക്കും നിഷേധിക്കാനല്ലാതെ മനസ്സുവന്നില്ല وقالوا لن نؤمن لك حتى تفجر لنا من الارض ينبوعا or paranju ee bhoomiyil ninne nee njangalukku oru uravu olukki tharunad vare njangal ninne vishwasikkukaye illa au takuna laka jannatu min nakheel wa inad fa tafajjira al anhar khilalaha tafjira അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടായിരിക്കുകയും അതിനിടയിലൂടെ നീ സമൃദ്ധമായി അരുവികൾ ഒഴുക്കുകയും ചെയ്യുന്നതുവരെ അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നതുവരെ അല്ലെങ്കിൽ അള്ളാഹുവേയും കൂട്ടം കൂട്ടമായി മലക്കുകളെയും നീ കൊണ്ടുവരുന്നതുവരെ അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നതുവരെ അല്ലെങ്കിൽ ആകാശത്തു കൂടി നീ കയറി പോകുന്നതുവരെ ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കിക്കൊണ്ടുവരുന്നതുവരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയേ ഇല്ല നബിയെ പറയുക എന്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനല്ലേ ജനങ്ങൾക്ക് സന്മാർഗം വന്നപ്പോൾ അവർ അത് വിശ്വസിക്കുന്നതിന് തടസ്സമായത് അള്ളാഹു ഒരു മനുഷ്യന ദൂതനായി നിയോഗിച്ചിരിക്കുകയാണോ എന്ന അവരുടെ വാക്ക് മാത്രമായിരുന്നു നബിയെ പറയുക ഭൂമിയിലുള്ളത് ശാന്തരായി നടന്നു പോകുന്ന മലക്കുകളായിരുന്നെങ്കിൽ അവരിലേക്ക് ആകാശത്തു നിന്ന് ഒരു മലക്കിനെ നാം ദൂതനായി ഇറക്കുമായിരുന്നു നീ പറയുക എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു മതി തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു وَنَحْشُرُهُمْ يَوْمَ الْقِيَامَةِ عَلَىٰ وُجُوهِهِمْ عُمْيَا وَبُكْمًا وَصُمَّا مَأْوَاهُمْ جَهَنَّمُ كُلَّمَا خَبَتْ زِدِنَاهُمْ سَعِيرًا الله آره نهر وڑی لآکن وو آوان آن نهر مارگم پرابیچا ون آوان آره دور مارگتی لآکن وو അവർക്കവന് പുറമെ രക്ഷാധികാരികളെയൊന്നും നീ കണ്ടെത്തുന്നതേയല്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുഖം നിലത്ത് കുത്തിയവരായിക്കൊണ്ടും അന്ധരും ഊമകളും ബദിരരുമായിക്കൊണ്ടും നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ് അവരുടെ സങ്കേതം നരകമത്രേ അത് അണഞ്ഞു പോകുമ്പോഴെല്ലാം നാം അവർക്ക് ജ്വാല കൂട്ടിക്കൊടുക്കുന്നതാണ് അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചതിനും ഞങ്ങൾ എല്ലുകളും ജീർണാവശിഷ്ടങ്ങളും ആയി കഴിഞ്ഞിട്ടാണോ പുതിയൊരു സൃഷ്ടിയായി ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് അവർ പറഞ്ഞതിനും അവർക്കുള്ള പ്രതിഫലമത്രയത് اولم يروا ان الله الذي خلق السماوات والارض قادر على ان يخلق مثلهم وجعل لهم اجلا لا ريب فيه فابى الظالمون الا كفورا اغاشهم भूमिهم سৃষ্ট الله يவரப்போலെയുള്ളവരെയും സൃഷ്ടിക്കാൻ ശക്തനാണ് എന്ന് இவர் മനസ്സിലാക്കിയിട്ടില്ല ഇവർ കവൻ ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ സംശയമേ ഇല്ല എന്നാൽ നന്ദികേട് കാണിക്കാനല്ലാതെ ഈ അക്രമികൾക്ക് മനസ്സുവന്നില്ല നബിയെ പറയുക എന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ ഖചനാവുകൾ നിങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നെങ്കിൽ ചെലവഴിച്ച് തീർന്നു പോകുമെന്ന് ഭയന്ന് നിങ്ങൾ പിശുക്കിപ്പിടിക്കുക തന്നെ ചെയ്യുമായിരുന്നു മനുഷ്യൻ കടുത്ത ലുപ്തനാകുന്നു തീർച്ചയായും മൂസക്ക് നാം പ്രത്യക്ഷമായ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ നൽകുകയുണ്ടായി അദ്ദേഹം അവരുടെ അടുത്ത് ചെല്ലുകയും മൂസ തീർച്ചയായും ഒരാളായിട്ടാണ് കരുതുന്നത് എന്ന് ഫിർ അദ്ദേഹത്തോട് പറയുകയും ചെയ്ത സന്ദർഭത്തെപ്പറ്റി ഇസ്രായേൽ സന്തതികളോട് നീ ചോദിച്ചു നോക്കുക ൂ അദ്ദേഹം ഫിർ അവനോട് പറഞ്ഞു കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് ഇവ ഇറക്കിയത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് എന്ന് തീർച്ചയായും നീ മനസ്സിലാക്കിയിട്ടുണ്ട് ഫിർഅനെ തീർച്ചയായും നീ നാശമടഞ്ഞവൻ തന്നെ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇസ്രായേല്യരെ നാട്ടിൽ നിന്ന് വിരട്ടിയോടിക്കുവാനാണ് അവൻ ഉദ്ദേശിച്ചത് അതിനാൽ അവനെയും അവന്റെ കൂടെയുള്ളവരെയും മുഴുവൻ നാം മുക്കിനശിപ്പിച്ചു അവന്റെ നാശത്തിനു ശേഷം നാം ഇസ്രായേൽ സന്തതികളോട് ഇപ്രകാരം പറയുകയും ചെയ്തു നിങ്ങൾ ഈ നാട്ടിൽ താമസിച്ചു കൊള്ളുക അനന്തരം പരലോകത്തിന്റെ വാഗ്ദാനം വന്നെത്തിയാൽ കൂട്ടത്തോടെ നാം കൊണ്ടുവരുന്നതാണ് സത്യത്തോടുകൂടെയാണ് നാം ഖുർആാൻ അവതരിപ്പിച്ചത് സത്യത്തോടുകൂടി തന്നെ അത് അവതരിക്കുകയും ചെയ്തിരിക്കുന്നു സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല നീ ജനങ്ങൾക്ക് സാവകാശത്തിൽ ഓതി കൊടുക്കേണ്ടതിനായി ഖുർആനിനെ നാം പല ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു നാം അതിനെ ക്രമേണയായി ഇറക്കുകയും ചെയ്തിരിക്കുന്നു നബിയെ പറയുക നിങ്ങൾ ഈ ഖുർആാനിൽ വിശ്വസിച്ചുകൊള്ളുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക തീർച്ചയായും ഇതിനു ദിവ്യജ്ഞാനം നൽകപ്പെട്ടവരാരോ അവർക്ക് ഇത് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നതാണ് അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിന്റെ വാഗ്ദാനം നടപ്പിലാക്കപ്പെടുന്നത് തന്നെയാകുന്നു അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുകയും അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുകയും ചെയ്യും നബിയെ പറയുക നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക ഏതു നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അവനുള്ളതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ നിന്റെ പ്രാർത്ഥന നീ ഉച്ചത്തിലാക്കരുത് അത് പതുക്കയുമാക്കരുത് അതിനിടയിലുള്ള ഒരു മാർഗം നീ തേടിക്കൊള്ളുക സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളിയില്ലാത്തവനും നിന്നതയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിന് സ്തുതി എന്നു നീ പറയുകയും അവന് ശരിയാമ്പ മഹത്വപ്പെടുത്തുകയും ചെയ്യുക